മനുഷ്യരിൽ ചിലർ അള്ളാഹുസുബഹാനുഭൂവത്തയാലാക്കു പുറമെ മറ്റു പങ്കാളികൾ സ്വീകരിക്കുന്നു അള്ളാഹുസുബഹാനഭൂവത്തയാലായോടുള്ള സ്നേഹത്തെപ്പോലെ അവർ അവരെയും സ്നേഹിക്കുന്നു എന്നാൽ വിശ്വാസികൾ അള്ളാഹുസുബഹാനുഭൂവത്തയാലായെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് അക്രമികൾ ശിക്ഷ കാണുന്ന സമയത്ത് എല്ലാ ശക്തിയും അള്ളാഹുസുബഹാനുഭൂവത്തയാലായുടേതാണെന്നും അള്ളാഹുസുബാനുഭൂവത്തയാലായുടെ ശിക്ഷ കഠിനമാണെന്നും അവർ കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ